നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരെ നാം തീയിലിടും അവരുടെ തൊലികൾ വെന്തുരുകുമ്പോഴെല്ലാം ശിക്ഷ രുചിക്കുന്നതിനായി നാം അവർക്കു പകരം മറ്റു തൊലികൾ നൽകും തീർച്ചയായും അള്ളാഹുസുബഹാനഹുബച്ച അല പ്രതാപശാലിയും യുക്തിമാനുമാണ്